ധ്യനം എങ്ങനെ ചെയ്യണം യോഗീ യുജീത സത്മാനം രഹസി സ്ഥിരീയത ചിത്ത നിരാശീ അപരിഗ്രഹ യോഗീ യുജീത सततम यतचित्तात्मा സതതം ആത്മാനം രഹസിന്ന് വെച്ചാൽ യുജിസമാധോ യുജിർ योगे പലവിധത്തില് വ്യുത്പത്തിയുണ്ട് ഇവിടെ യുജി യോഗി എന്നാണ് ആചാര്യസ്വാമികൾ ഭാഷ്യം ധ്യാനിക്കാൻ പുറപ്പെടുന്നവൻ ധ്യാനയോഗിയാണ് ഇവിടെ നമ്മളുടെ സബ്ജക്ട് ആ ധ്യാനയോഗി എന്തു വേണം യോഗി ധ്യായി സമാദ്യാത് സർവദ ആത്മാനം അന്തരണം രഹസി ഗ്രഹി इपो, वलरे वलरे गिरीगृाहास वे विषय ध्यान ध्यानम भगवानें्यानिक आत्मा ध्यान ब्रह्म विचार ओके पेटू सतत ധ്യാനം എന്ന് പറഞ്ഞാൽ അതൊരു പാർട്ട് ടൈം ജോലിയല്ല മുമുക്ഷുവന് ലൗകികന് പാർട്ട് ടൈമാണ് ഇവിടെ യോഗി എന്ന് പറയുമ്പോ അയാള് തീരുമാനിച്ചു കഴിഞ്ഞു എനിക്ക് ഭഗവത് സാക്ഷാത്കാരം നേടണം എനിക്ക് ആ പാരമാർത്ഥികമായ സത്യത്തിനെ അറിയണമെന്ന് തീരുമാനിച്ചവന്റെ വിഷയമാണ് ഇവിടെ പറയണത് അങ്ങനെയുള്ള ആള് സതതം യുഞ്ചീത്ത എപ്പോഴും എന്ന് പറഞ്ഞു എപ്പോഴും മനസ്സിനെ യോഗസ്ഥിതിയിലേക്ക് കൊണ്ടുവരട്ടെ എങ്ങനെ ചെയ്യണം ഏതിലാണ് മനസ്സിനെ ഇരുത്തേണ്ടത് ആത്മാനം യുഞ്ചീത്തന്നെ തന്നിൽ തന്നെ ഇരുത്തി പഴകട്ടെ എവിടെയിരിക്കണം രഹസ്യസ്ഥിത രഹസ്യം ആയ സ്ഥലത്ത് രഹസ്യ എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽപ്പെടാത്ത സ്ഥലം എന്ന് മുഖ്യ അർത്ഥം അതാണ് അർത്ഥം രഹസ്യസ്ഥിത രഹസ്യ രഹസ്യതർപ്പണ തർപ്പിതായി നമഹ എന്ന് ലളിതാ സഹസ്രനാമത്തിൽ ഒരു നാമണ്ട ലഭിക്കും ഈ രഹസ്യർപ്പണം എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ നമുക്ക് അധ്യാത്മമായി ഉയരുമ്പോ അതിൻ്റെ അർത്ഥം വളരെ വളരെ തലങ്ങൾ മാറിക്കൊണ്ടേ വരും അതിപ്പോ നമുക്ക് വിഷയമല്ല ഇവിടെ രഹസ്യസ്ഥിത എന്ന് പറഞ്ഞാൽ നമ്മള് ധ്യാനിക്കാനിരിക്കണത് കഴിയണതും മറ്റുള്ളവർ കാണരുത് രാമകൃഷ്ണ പരമഹംസർ പറയും കൊതുകുവലയ്ക്കുള്ളിൽ നിന്ന് ധ്യാനിക്കും ഭക്തൻ ഉറങ്ങി എഴുന്നേറ്റിട്ട് ആ കട്ടില് കൊതുകുവലയുടെ ഉള്ളിൽ തന്നെ രാത്രി എഴുന്ന ധ്യാനിച്ചാൽ ആളുകൾ എന്ത് വിചാരിക്കും ഇയാൾ ഉറങ്ങുകയാണെന്ന് വിചാരിച്ചോളൂ അത്രയും രഹസ്യമായിട്ട് വെക്കുകയാണ് തൻ്റെ സാധനയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാതെ നേരെ ചിലപ്പോൾ നമ്മൾ ധ്യാനിക്കുന്നത് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണെന്ന് ധ്യാനിച്ചാൽ പലപ്പോഴും നമ്മൾക്ക് നമ്മളെ മറക്കാൻ പറ്റില്ല മറ്റുള്ളവര് കാണുമ്പോൾ ആ ദൃഷ്ടിക്കൊരു പവറുണ്ട് ഇറ്റ് വിൽ ഡിസ്റ്റർബ് യു ഇ എന്ന് പറയണത് ഉണ്ടല്ലോ കണ്ണിലൂടെ മനസ്സ് വന്നിട്ട് നമ്മളെ അങ്ങട് അടിക്കും ആഹതം ചെയ്യും പ്രത്യേകിച്ച് ധ്യാനിക്കുന്ന ആള് വളരെ സെൻസിറ്റീവ് ആയൊരു പ്ലെയിനിലാണ് വളരെ വളരെ വളരെ സൂക്ഷ്മമാവുകയാണ് അപ്പോ ചെറിയ ചലനം പോലും അയാളെ ബാധിക്കും ആദ്യമൊക്കെ ആരംഭത്തിലൊക്കെ ചെറിയ ചലനം പോലും അയാളെ ബാധിക്കും അതുകൊണ്ട് ധ്യാനം പരിശീലിക്കാൻ തുടങ്ങുന്ന ആൾക്ക് പുറമേ നിന്ന് ആളുകളൊക്കെ കാണുന്ന സ്ഥലത്തൊക്കെ ഇരുന്നാൽ ധ്യാനിക്കണമെന്നും പറ്റില്ല രാമകൃഷ്ണ ദേവനെ കുറെ ആളുകൾ ധ്യാനിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൽക്കട്ടയിൽ അന്ന് സാമൂഹിക പരിവർത്തനം റിഫോർമേഷൻ ഒക്കെ ധാരാളം നടക്കുന്ന കാലാണ് നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ആദി ബ്രഹ്മസമാജം ആര്യസമാജം ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് അദ്ദേഹത്തിന് ശേഷം കേശവചന്ദ്രസേൻ രവീന്ദ്രനാഥ് ടാഗോറിന്റെ അച്ഛൻ മഹർഷി ദേവേന്ദ്രനാഥ് ടാഗോർ ഇങ്ങനെ ഒരുപാട് പേര് ഒരു തരത്തിൽ ക്രിസ്ത്യനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹിന്ദുവിസം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കാലാണ് എന്നുവെച്ചാൽ വെള്ളക്കാരുടെ സാഹിപ്പന്മാരുടെ മതത്തിനോട് ഒത്തിരി കൂട്ടിക്കൊഴിച്ചിട്ട് നമ്മളുടെ സനാതനധർമ്മത്തിനെ പ്രചരിപ്പിച്ച് അവർക്ക് ബോധിപ്പിക്കണം നമ്മളും ബോധിക്കണം അങ്ങനെ ഒരു മതം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന സമയമാണ് അപ്പൊ അവരാരംഭത്തില് അവര ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ഇരുന്ന് കൂട്ടധ്യാനം ഇപ്പൊ ഇപ്പൊ ധാരാള സ്ഥലത്ത് നടക്കേണ്ടത് ചേർന്നിരുന്ന് ധ്യാനം ചേർന്ന് എല്ലാവർക്കും കുണ്ടലിനി എഴുന്നേപ്പിച്ചു വിടുന്നു ഒരാള് നടുവിലിരുന്നിട്ട് പറയും ദോ നിങ്ങളുടെ കുണ്ടലിനി എഴുന്നേക്കണു മുകളിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കണു അതിലെ ചില ആളുകളുടെ അടുത്തൊക്കെ ചോദിക്കും ഞാൻ തമാശ പറയില്ല കളിയാക്കല അങ്ങനെ ഇണ്ട് ഞാൻ കളിയാക്കല ഒരാളുടെ അടുത്ത് ചോദിക്കും നിങ്ങളുടെ എന്തൊക്കെ അനുഭവം ഉണ്ടോ എന്ന് ചോദിക്കും ഇവൻ അവന് ഭാവനയിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയും അപ്പൊ അടുത്തിരിക്കണവൻ വെറുതെ ഇരിക്കുവോ അവന് മാത്രം കിട്ടിയാ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മോശം അവൻ ഭാവന ചെയ്ത് ഉണ്ടാക്കും അപ്പോ ഇങ്ങനെയൊക്കെ ഇണ്ട് ഇങ്ങനെയൊക്കെ ആളുകള് ആ കോഴ്സ് കഴിഞ്ഞാൽ ഇത്ര രൂപ അവർക്ക് കൊടുത്താൽ രണ്ടു പേർക്കും ലാഭമായി ഇവർക്ക് ഇത്തിരി പണം പോയ ലാഭമായി ഇവർക്ക് പിന്നെ ഗുണുണ്ട് എന്താന്ന് വെച്ചാൽ ഈ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഉറങ്ങാൻ പോലും സമയമില്ല പാവം അവരെ ഒരു ഒരു മണിക്കൂർ അടക്കി ഇരുത്തുക എന്നുള്ളത് വലിയ കാര്യാണ് അവരടങ്ങിയിരുന്നാൽ തന്നെ അവർക്ക് വലിയ അച്ചീവ്മെന്റ് ആണ് അവർക്ക് ഒരു അഞ്ഞൂറോ ആയിരമോ പോയത് കൊണ്ട് അവർക്ക് വലിയ ദോഷം ഒന്നുമില്ല ആ കിട്ടുന്ന ആൾക്ക് പണം ലാഭം ഇവർക്ക് ശാന്തി ലാഭം ഇത്തിരി ആരാ കൂടുതൽ ലാഭം എന്നുള്ളത് ചോദിച്ചാൽ പോയി അപ്പോ അങ്ങനെയൊക്കെ ധ്യാനം ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ അതിലൊക്കെ ചിലർക്കൊക്കെ ഗുണൊക്കെ ഉണ്ടാവും ഉണ്ടാവില്ലെന്ന് പറയണില്ല അതുകൊണ്ട് എന്തിലാ ഗുണം ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഒന്നും അടച്ച് ആക്ഷേപിക്കാനൊന്നുമില്ല അപ്പൊ അങ്ങനെ ധ്യാനിക്കുന്ന സ്ഥലത്തേക്ക് രാമകൃഷ്ണദേവന്റെ ഡിവോട്ടിസ് ഭക്തന്മാരായിട്ടുള്ള ആളുകളിൽ തന്നെ അതിൽ ചിലരുണ്ടായിരുന്നു വിജയകൃഷ്ണ ഗോസ്വാമി ഒരു വലിയ മഹാത്മാവായിരുന്നു അദ്ദേഹം വലിയ വൈഷ്ണവൻ പരമഭക്തനായിരുന്നു ആ വിജയകൃഷ്ണ ഗോസ്വാമി ആദ്യം ഈ മൂവ്മെന്റിന്റെ ആചാര്യനായിരുന്നു അപ്പൊ അദ്ദേഹമാണ് പറഞ്ഞത് ടാക്കൂർ അങ്ങ് വരണം ആ ധ്യാനം ഞങ്ങളൊക്കെ ധ്യാനിക്കണുണ്ട് വൈകുന്നേരം അഞ്ചു മണി മുതൽ ആറു മണിവരെ ഞങ്ങൾ ബലടിച്ച് ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോ എല്ലാരും ധ്യാനിക്കാതിരിക്കും അങ്ങ് വന്ന് ഞങ്ങളുടെ ധ്യാനം ഒന്ന് കാണണം രാമകൃഷ്ണദേവൻ കൊച്ചു കുട്ടിയെ പോലെ സന്തോഷമായി പക്ഷെ അദ്ദേഹം ചോദിച്ചു ബിജോയ് എന്നുവെച്ചോ ബിജോയ് ഇതെങ്ങനെയാ നിങ്ങൾ ചേർന്നിരുന്ന് ധ്യാനിക്കുക രഹസ്യമായിട്ടിരുന്നു വേണ്ട അതല്ല അതിനൊക്കെ വഴിയുണ്ട് എന്ന് പറഞ്ഞു വിജയകൃഷ്ണ ഗുരുസ്വാമി അപ്പോ രാമകൃഷ്ണദേവന് എല്ലാവരുടെയും നടുക്കൊരു സീറ്റൊക്കെ ഇട്ട് കൊടുത്തു അദ്ദേഹം എല്ലാവരുടെ നടുവിലും പോയിരുന്നു ബെല്ലടിക്കുമ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക ബെല്ലടിച്ചിട്ട് തുടങ്ങാൻ പാടുള്ളൂ ബെല്ലടിച്ചത് എല്ലാരും എന്നിട്ട് ചില മന്ത്രമൊക്കെ ചൊല്ലി എല്ലാരും കണ്ണടച്ചിരുന്നു കറക്റ്റ് അരമണിക്കൂർ കഴിഞ്ഞതും ബെല്ലടിച്ചത് എല്ലാരും കണ്ണു തുടങ്ങും ആ സമയം ശ്രീരാമകൃഷ്ണൻ എല്ലാരും എഴുന്നേറ്റം നോക്കുകയായിരുന്നു ഓരോരുത്തരും എങ്ങനെ ധ്യാനിക്കണമെന്ന് അപ്പോ അപ്പോ ചോദിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം ധ്യാനൊക്കെ കഴിഞ്ഞിട്ട് വിജയകൃഷ്ണ ഗോസ്വാമിക്ക് മിണ്ടാതിരുന്നാ മതി വഴികൊടുത്ത അടി വാങ്ങുക എന്ന് പറയും അതുപോലെ അദ്ദേഹം ചോദിച്ചു ഠാക്കൂർ ഞങ്ങളുടെ ധ്യാനം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു ക്ഷേമം ഇങ്ങനെയും ധ്യാനിക്കാന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഞാൻ വിചാരിച്ചു ഈ നികുഞ്ചങ്ങളിലും ഗുഹയിലും കാട്ടിലും ഒക്കെ ധ്യാനിക്കാൻ പറ്റുള്ളൂ ഏകാന്ത സ്ഥലത്ത് ഇരുന്നിട്ടേ ധ്യാനിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു ഇപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഇരുന്നിട്ടും ധ്യാനിക്കാന്ന് മനസ്സിലായത് അല്ല എന്താ അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം അല്ല ഈ ദക്ഷിണേശ്വരത്തില് വൈകുന്നേരം കാളിക്ക് ആരത്തി ചെയ്യുമ്പോ നട അടയ്ക്കുമ്പോ ഞാൻ എല്ലാവരും ഭക്തിയോടാ നട തുറക്കണത് കാത്തുകൊണ്ടിരിക്കും അപ്പൊ ദക്ഷിണേശ്വരത്തിലുള്ള കൊരങ്ങന്മാരൊക്കെ തന്നെ അടുത്തുള്ള മാവിന്റെയും ആലിൻ്റെയും മേലെയൊക്കെ കയറി ആ ശ്രീകോവിൽ നോക്കി അനങ്ങാതിരിക്കണത് കാണുമ്പോ പുതിയതായിട്ട് വരുന്നവർക്ക് തോന്നും എന്തോ ആട്ടക്കവും ഒതുക്കവും ഉള്ള കൊരങ്ങന്മാര് അവരൊക്കെ ഈ ശ്രീകോവിലും നോക്കി ദീപാരാധന കാണാനായിട്ട് ഇരിക്കുകയാണ് എന്തൊരു ഭക്തി എന്ന് തോന്നും ആരത്തിക്ക് വാതിൽ തുറക്കണതിന് മുമ്പ് ഇവർ ഒരു ചാട്ടുണ്ട് അത് എന്തിനാന്ന് വെച്ചാൽ അവര് കാത്തോണ്ടിരുന്നത് എനർജി മുഴുവൻ ശേഖരിച്ച് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ നീദ്യം ഇറക്കി പുറത്തു വെക്കുമ്പോ കൈയിട്ട് വാരാൻ വേണ്ടിയിട്ടാണ് അത്ര തയ്യാറെടുപ്പ് ഇതുപോലെ ഉണ്ടായിരുന്നു ധ്യാനിച്ചത് എപ്പോഴും അധ്യാത്മ യാത്ര ആണ് സ്പിരിച്വൽ ലൈഫില് ദർ കാൻ ബി നോ ടു പേഴ്സൺസ് എന്താളും പറ്റില്ല ഏകയേവ ചരയത്തസ്മാത് കുമാര്യവ കങ്കണ ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തില് ഉദ്ധവർക്ക് ഭഗവാൻ ഉപദേശിക്കുമ്പോ പറ ചരയത്ത് ലോകത്തിൽ എന്തെങ്കിലും വ്യവഹാരം ചെയ്യണമെങ്കിൽ രണ്ടുപേരെങ്കിലും ഇല്ലാതെ പറ്റില്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടക്കണമെങ്കിൽ ധാരാളം ആളുകൾ ചേർന്നല്ലാതെ പറ്റില്ല ഒരു കോൺവെർസേഷൻ വർത്തമാനം പറയണമെങ്കിൽ രണ്ടുപേരും കൂടാതെ പറ്റില്ല മിനിമം തനിയെ വർത്തമാനം പറഞ്ഞാൽ ഭ്രാൻ പക്ഷേ അധ്യാത്മമായി ധ്യാനം സാധന തനിച്ചേ പറ്റുകയുള്ളൂ രണ്ടാള് ചേർന്ന് പറ്റില്ല കൂടി ചേർന്ന് പറ്റില്ല സത്സംഗമോ ഭജനയോ നാമസങ്കീർത്തനോ ഒക്കെ ആവാം പക്ഷെ ധ്യാനം ചെയ്യാന്ന് പറയുമ്പോ ഏകയേവ് എന്താ കാരണം വാസേ ബഹൂനാം കലഹ കുറെ ആളുകൾ ചേർത്ത് നിന്നിരുന്നാൽ കലഹ ഉണ്ടാവുന്ന വാർത്താ ഭവേദവി രണ്ടുപേരാണെങ്കിൽ വർത്തമാനം പറയാമെന്ന് തോന്നും എസ്പെഷ്യലി അധ്യാത്മക്കാരാണെങ്കിൽ രണ്ടുപേരും ചേർന്നാൽ വളവള വള വളവളവളന്നെന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും ഏകയേവ ചെറത്തസ്മാര്യവ കങ്കണ ഉള്ളിലിറങ്ങി പോവാൻ തനിച്ച യോഗിയുഞ്ചീത്ത സതതം ആത്മാനം രഹസ്യസ്ഥിത രഹസ്യം എന്ന് വെച്ചാൽ എവിടെ നമ്മളെ ആളുകൾ ശ്രദ്ധിക്കില്ലയോ എവിടെ ഇരുന്ന് നമുക്ക് ധ്യാനിക്കാൻ പറ്റുമോ അതാണ് രഹസ്യസ്ഥാനം അങ്ങനെ ഒരു സ്ഥലം വേണമെങ്കിൽ ഉണ്ടാക്കാം വീട്ടിൽ എവിടെങ്കിലും ഒരു ഏകാന്തമായി ഒരു മുറിയോ ഏതെങ്കിലും ഒരു സ്ഥലം ആരും നമ്മളെ ഉപദ്രവിക്കാത്ത സ്ഥലം അങ്ങനെ ഒരു സ്ഥലം കിട്ടില്ലെങ്കിൽ രാത്രി ഇരുന്ന് ധ്യാനിക്കാം എല്ലാവരും ഉറങ്ങുമ്പോ ഉണർന്നിരുന്ന് ധ്യാനിക്കാം ആരും അറിയില്ല ഇപ്പോഴത്തെ ആളുകൾ രാത്രി ഒന്നും ഉറങ്ങണില്ല എന്താ ചെയ്യാൻ പറ്റുക ഒക്കെ ടി രാവും പകൽ ഓടിക്കൊണ്ടിരിക്കണത് രാത്രി ഒന്നും ഉറക്കൊന്നുമില്ല മൂന്ന് തരക്കാര് ന ഉറങ്ങില്ല എന്നാണ് യോഗിയും ഉറങ്ങില്ല രോഗിയും ഉറങ്ങില്ല ഭോഗിയും ഉറങ്ങില്ല നാലു തരക്കാരാണ് ദ്രോഹിയും ഉറങ്ങില്ല രാത്രി ഉറക്കില്ല അവർക്ക് നാലു പേർക്കും രാത്രി സമയത്തിലെ നിശ്ചലതയിൽ ശാന്തിയിൽ ധ്യാനിക്കുക ഒരു ഡിസ്റ്റർബൻസ് ഇല്ല മാത്രല്ല എല്ലാവരുടെ മനസ്സ് അടങ്ങണത് ആ സൈക്കിക് വൈബ്രേഷൻസും കുറയുമൊക്കെ കുറയും ഒരു ശാന്തി ഉണ്ടാവും നിശ്ചലത ഉണ്ടാവും സാത്വികത ഉണ്ടാവും രാമകൃഷ്ണ പരമഹംസർ തൻ്റെ ശിഷ്യന്മാരെയൊക്കെ രാത്രി എഴുന്നേപ്പിച്ചിട്ട് ധ്യാനിക്കാനും ജപം ചെയ്യാനൊക്കെ പറയും പകല് രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേക്ക എഴുന്നേറ്റ് ജപിക്കണം മധ്യാഹന സമയത്ത് ജപദ്ധ്യാനങ്ങൾ ചെയ്യണം സന്ധ്യാകാലത്തിൽ ജപധ്യാനം ചെയ്യണം ഉറങ്ങാൻ പോകുമ്പോൾ ജപദ്ധ്യാനം ചെയ്യണം അർദ്ധരാത്രിക്ക് അവർക്ക് താന്ത്രികന്മാരാണ് ബംഗാളിൽ അതുകൊണ്ട് നമ്മൾക്ക് വൈദിക സംസ്കാരത്തിൽ രാത്രി പരിപാടി അധികം പ്രഭാതം പ്രദോഷമാണ് വൈദികം അത് അധ്യാത്മ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആത്മവിചാരം ചെയ്യാനും ധ്യാനിക്കാനും ഒക്കെ ഒരു സമയവും കിട്ടണമെങ്കിൽ രാത്രി സമയത്താവാം ശാന്തി രഹസിസ്ഥിത എങ്ങനെ ധനിച്ച് യഥചിത് ആത്മ മനസ്സിനെ നല്ലവണ്ണം സമീകരിച്ചു കൊണ്ടുവന്ന ആള് ആഹാരത്തിനെ നിയന്ത്രണം ചെയ്ത ആള് പ്രപഞ്ചസാരതന്ത്രത്തിലെ ധ്യാനിക്കാനിരിക്കണം അതിന് മുന്നോടിയായിട്ട് പറയണത് കഴിച്ചു കഴിഞ്ഞ ഭക്ഷണം നല്ലവണ്ണം ചേർന്നായിരിക്കണം ഉറക്കം ബാക്കി നിൽക്കാൻ പാടില്ല എന്നാണ് ഉറക്കം ബാക്കി നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചിലർ പറയും കഴിഞ്ഞാൽ എട്ട് മണിയായാലും ബാക്കി നിൽക്കും നേരം വിളിച്ച് അങ്ങനെയല്ല അതിനനുസരിച്ച് ആഹാരം എത്ര കഴിക്കണോ അതിനനുസരിച്ച് ഉറക്കം വരും അതുകൊണ്ട് അതിനനുസരിച്ച് ആഹാരം കുറച്ച് അതിനനുസരിച്ച് ഉറക്കം കുറയും ഇതൊക്കെ സാധന ചെയ്യുമ്പോൾ പണിയെടുക്കാൻ പോണ ആളുകൾ ആഹാരം കുറച്ച് ഉറക്കമൊക്കെ കുറച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ആരധ്യാത്മ സാധന ചെയ്യണോ സാധന ആർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് അതിനു വേണ്ടിയിട്ട് തന്നെ ബാക്കിയൊക്കെ മാറ്റിവെച്ചിട്ട് അതിനു വേണ്ടിയിട്ട് തന്നെ ജീവിതം ഒഴിഞ്ഞു വെക്കുകയാണെങ്കിൽ അവർക്ക് ശരീരത്തില് വളരെ ആവശ്യത്തിന് വേണ്ട ഭക്ഷണവും മറ്റുമൊക്കെ ആയി ഒരു മോഡറേഷനിൽ ഇരുന്നു കൊണ്ട് ध्यानम ध्यानमें जपक जपम जयचि योगती आद्य डोर एंग डोर ए प्रथम वांग निरोधो अपरीग्रह निराशा नित्यम नि्यमेकाशीलता विवेक चूड़ामणि യോഗസ്യ പ്രഥമദ്വാരം യോഗത്തിന്റെ എൻട്രി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇപ്പം വളവളെന്ന് പറയണ്ടല്ലോ ഇത് കുറച്ച് കുറയ്ക്കാന്നാണ് സത്സംഗത്തിൽ നമ്മൾ പറയണു അല്ലാതെയും നമ്മൾക്ക് അതൊരു ഹാബിറ്റായി കഴിഞ്ഞാൽ വാഹ അടയ്ക്കാനേ പറ്റുന്നില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും വർത്തമാനം പറയുമ്പോൾ അത്രയും ഊർജം പോകും ഒന്നര മണിക്കൂർ സംസാരിച്ചാൽ ഒരു ദിവസം മുഴുവൻ വിറക് എത്ര ഊർജം പോകുമോ അത്രയും ഊർജം പോകും നമുക്കറിയില്ല ഒന്നും ചെയ്തില്ലല്ലോന്ന് തോന്നും എന്താ അത്ര ക്ഷീണം തോന്നണമെന്ന് തോന്നും ഒന്നര മണിക്കൂർ സംസാരിച്ചാൽ മതി അതും സംസാരിക്കണത് എവിടുന്നു സംസാരിക്കണോന്നുള്ളതിനെ ആശ്രയിച്ചുകൊണ്ട് വായ കൊണ്ട് മാത്രം സംസാരിച്ചാൽ ക്ഷീണിക്കില്ല ഉള്ളുണ്ട് ആ നാഭി ഹൃത്കണ്ഠരസന ആണ് നാബിന്ന് വാക്കുകളൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് ക്ഷീണിച്ചു പോവും തളർന്നു പോകും അപ്പോ വാക്കിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക വാക്ക് പ്രാണനാണ് അതുകൊണ്ട് വാങ് നിരോധം ആവശ്യത്തിലധികം വസ്തുക്കളെ ശേഖരിച്ചു വെക്കാതിരിക്കുകയാണ് എന്താന്ന് വെച്ചാൽ വസ്തുക്കളൊക്കെ നാളെ നമ്മൾ അതിനൊക്കെ നോക്കണം അതിനൊക്കെ നമ്മൾ ശുശ്രൂഷിക്കണം മൃഗങ്ങളും നായ പൂച്ച വളർത്തുക ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നും മാടും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിനൊക്കെ നോക്കുകയൊക്കെ വേണമല്ലോ അതേപോലെ വസ്തുക്കൾ വലിയ വലിയ വീടുകൾ സർവത്ര കെട്ടി ഉണ്ടാക്കിയൊക്കെ വെച്ചാൽ അതിനൊക്കെ പോഷണം ചെയ്യണം അതിനൊക്കെ അപ്പോ നോക്കണം ധാരാളം പണം വെച്ചാൽ ഇതൊക്കെ കള്ളം കൊണ്ടുപോവോ എന്നുള്ള പേടി അപരിഗ്രഹം അപ്പോൾ ആവശ്യത്തിൽ അധികം ഒന്നും ശേഖരിക്കാതിരിക്കുക അതൊക്കെ പ്രിപ്പറേഷൻ എയർ ഈ ഒരാളെ കയറ്റി വിടുമ്പോഴേ അയാൾ വലിയൊരു ഭാണ്ടം തൂക്കി കൊണ്ടുപോകാൻ സമ്മതിക്കില്ലല്ലോ മുകളിലേക്ക് പോകുമ്പോൾ പ്ലെയിനിൽ പോകുമ്പോൾ പോലും ലിമിറ്റഡ് ലഗേജ് അല്ലെ സമ്മതിക്കുള്ളൂ നമ്മളിപ്പോ ട്രെയിനിലൊക്കെ പോകുമ്പോ ചിലര് ഒരു പ്ലെയിനിന് വേണ്ട ലഗ്ഗേജ് ഒരാളുടെ കയ്യിൽ ഉണ്ടാവും അതവര് മുകളിലേക്ക് പോകുമ്പോ സമ്മതിക്കില്ല അതേപോലെ ധ്യാനത്തിലേക്ക് ധ്യാനത്തിന് തയ്യാറാവണമെന്നും പതുക്കെ പതുക്കെ ലൈറ്റ് ആവണം എന്നാണ് കുറച്ചായിട്ട് അങ്ങോട്ട് കുറച്ചൂട പതുക്കെ ഉപരമേറ്റ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ നമ്മള് ഒറ്റയടിക്ക് എല്ലാം എക്സെൻഡ്രിക്ക് പോലെ പെരുമാറാൻ പാടില്ല പതുക്കെ മനസ്സിലാക്കി നിരാശി ആശകളെ കുറയ്ക്ക് അംബിഷൻ എക്സ്പെക്ടേഷൻ ലോകത്തിൽ പലതുണ്ട് എന്നിട്ട് മെഡിറ്റേഷനും ഇരുന്ന ഒന്നും നടക്കില്ല അതുകൊണ്ടാണ് ആദ്യം പറയണത് ആശയെ ഭഗവത് നേടണം ആത്മസാക്ഷാത്കാരം നേടണം എന്ന് തിരിച്ചുവിടുന്നു പിന്നെ അതും പോണം ആശയൻ ആശയൈ അറിമിൻ ഈശനോടാകിലും ആശയൻ ആശയി പടപ്പടത്തുൻബം താനെ ആശയി വിടവിട ഇൻപം താനെ എന്ന് ഒരു സിദ്ധൻ പാടി ആശയൈ അറിമിൻ ആദ്യം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ലൗകികമായ ആഗ്രഹങ്ങളൊക്കെ വിടും എങ്ങനെ വിടും ഭഗവാനെ പ്രാപിക്കണം ഭഗവത് സാക്ഷാത്കാരം പക്ഷെ ഭഗവാൻ എന്ന് പറയണത് ആശ കൊണ്ട് പ്രാപിക്കണ സാധനമല്ല ആ ഒരു ആഗ്രഹം അവസാനം ബാക്കി നിൽക്കും അതും അങ്ങോട്ട് വിട്ടാൽ എന്തുണ്ടോ എന്നാണ് ഭഗവാൻ ആകിലും ആ ആശ എന്ന് പറയണത് എപ്പോ ഉള്ളൊന്നും പോയോ അപ്പം നമ്മൾ മുക്തരാകും യഥാസർവേ പ്രമുച്ഛന്ദേ കാശ്രിത അഥമർത്തിയോ അമൃതോഭവ ്രഹ്മസമുട ബ്രഹ്മ ബ്രഹ്മജ്ഞാനിയായിട്ട് തീരുന്ന അഥമർത്യോ അമൃത്വോ ഭവതി അവൻ അമൃത്തനായിട്ട് തീരുന്നു ഇവിടെ തന്നെ വിമുക്തനായിട്ട് ജീവൻ മുക്തനായിട്ട് അപ്പോ നിരാശീ അപരിഗ്രഹ ഇതൊക്കെ പ്രിപ്പറേഷൻ ആണ് അപ്പൊ ആഗ്രഹങ്ങളെ വിടുക എന്ന് വെച്ചാൽ മുഴുവൻ അങ്ങോട്ട് വിടുക അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ പിന്നെ ധ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ആഗ്രഹങ്ങളെ വിടുക എന്ന് പറയണത് കമ്പൽഷൻ ഇല്ലാതിരിക്കുക പലതും തോന്നും നമുക്ക് അല്ലേ ഇന്ത്യൻ പ്രസിഡന്റിനെ കാണുമ്പോൾ നമ്മൾ അവിടെ ഇരിക്കേണ്ടതായിരുന്നു നമുക്ക് തോന്നി എന്ന് വരും നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുവോ ഒന്നുമില്ലല്ലോ പ്രൈം മിനിസ്റ്ററെ കണ്ടു അവരെ കണ്ടു അവരെ ഇതൊക്കെ ആയാ വേണ്ടില്ലാന്ന് തോന്നി നമ്മള് നമുക്കറിയാം ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്നുള്ളത് അതേപോലെ നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് കുറച്ചുകൂടെ ഉയർന്നാൽ നമ്മളുടെ പ്രാരബ്ദം എന്തുണ്ടോ അതേ നടക്കുള്ളൂ ആഗ്രഹമൊക്കെ വരും വന്നിട്ട് പോട്ടെന്ന് വൃത്യഭാവം എന്നൊന്നുണ്ട് ഭഗവാന്റെ ഭൃത്യനാണ് ഞാൻ എന്ന് കരുതിയാൽ ആ വൃത്യഭാവത്തിൽ എന്താ വിശേഷം എന്ന് വെച്ചാൽ വൃത്യന് പലതും ആഗ്രഹം ഉണ്ടാവും ഒരു വീട്ടിലെ ജോലിക്കാരന് യജമാൻ എന്റെ സോഫയിൽ കയറിയിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും ഓഫീസിലിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും അവരുടെ വീട്ടിൽ എ സി ഉണ്ട് ഞാനും ആ എ സിയിൽ പോയി കിടക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും അയാൾക്ക് പലതും തോന്നും പക്ഷെ അയാള് തീരുമാനിച്ചിരിക്കുന്നത് എന്താ ഇവിടെ പണിയെടുക്കാൻ ഞാൻ വന്നിരിക്കുകയാണ് എന്തോ ഭക്ഷണം തരണോ കഴിക്കണം നമ്മുടെ കുടുംബം എവിടെ ഉണ്ടോ കഴിഞ്ഞു പോണം നമ്മൾ ആഗ്രഹിക്കണമൊന്നും ഇപ്പൊ നടക്കില്ല അദ്ദേഹം എന്താ തരണമെന്ന് വെച്ചാ വാങ്ങിക്കാന്നില്ല ഇതുപോലെ ഭഗവാൻ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ പ്രാരബം അനുസരിച്ച് എന്തൊക്കെ വാട്ട്സ് ഡെസ്റ്റൈൻ ടു ഹാപ്പൻ ദാറ്റ് എലോൺ എന്താണോ പ്രാരബ്ദമനുസരിച്ച് വരാനുള്ളത് അതേ വരള്ളൂ അതിന്റെ ഇടയിൽ കുറുക്കെ ഞാൻ വലിയ കാമന ഒന്നും വെച്ചിട്ട് കരില്ല നമ്മളുടെ ആഗ്രഹമൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു വണ്ണാൻ ഒരു കഴുതയുണ്ടായിരുന്നു ആ കഴുത നല്ല വണ്ണം പണിയെടുത്തിരുന്നു വയസ്സായപ്പോ കഴുതയ്ക്ക് വണ്ണാൻ ഒന്നും കൊടുക്കില്ല ഭക്ഷണമൊന്നും കൊടുക്കില്ല കെട്ടിയിട്ടിട്ടൊന്നുമില്ല അതിന് വേണമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ തെണ്ടി തിന്നാം കഴുതയിട്ട് തല്ലുകയും ചെയ്യും എന്താന്ന് അപ്പപ്പോ അമറും അപ്പോ തല്ലു കിട്ടും എന്നാ ഈ കഴുത ഈ തല്ലൊക്കെ കൊണ്ടിട്ട് ഈ വണ്ണാന്റെ വീട് വിട്ടു പോകണ്ടോ അതോട്ട് പോണൂല അപ്പൊ ഈ വണ്ണാന്റെ വീട്ടിൽ ഒരു നായ ഉണ്ടാ നായ ചോദിച്ചു നീ ഇത്രയും തല്ലുകൊണ്ടിട്ട് എന്തിനാ അവിടെ നിൽക്കണു പോയിക്കൂടെ നിനക്കാന്ന് ചോദിച്ചു കഴുത പറഞ്ഞു അതേ ചെറിയൊരു അംബീഷൻ കഴുതയ്ക്ക് ഒരു ആഗ്രഹം എന്താ ആഗ്രഹം ചോദിച്ചു ഈ വണ്ണാനൊരു മകളുണ്ട് ആ മകള്ക്ക് കൊറേ ദിവസമായിട്ട് ജാതകം നോക്കണോ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടണില്ലാന്ന് പറഞ്ഞു ആ കുട്ടി അപ്പൊ ഒരു ദിവസം വണ്ണാൻ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു അത്രേ ഇനി നീ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞാൽ നന്നെ ഈ കഴുതക്ക് കല്യാണം കഴിച്ചു കൊടുക്കും പറഞ്ഞു അത്രേ അപ്പൊ കഴുതാ പറയാ അത് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുവോന്നുള്ള നിക്കണം ഇതുപോലെ നമ്മൾ ചിരിക്കണു നമ്മളൊക്കെയാണ് യാത്ര നമ്മളുടെ കഥയാത് എന്തോ നടക്കാൻ പോണു ഫ്യൂച്ചറിൽ നമ്മൾക്ക് എന്തൊക്കെയോ ഭാവന ഉണ്ട് അതൊക്കെ കിട്ടാൻ പോണു പറഞ്ഞിട്ടാണ് ഈ പ്രാരംഭത്തിന്റെ തല്ലും മേടിച്ച് ഇവിടെ കിട്ടാൻ പോണയിന് എങ്ങനെ നിക്കണത് എന്തോ സാധിക്കാൻ പോകണോന്ന് പറഞ്ഞ് ആഗ്രഹം സാധിക്കാൻ പോണോന്ന് പറഞ്ഞ് നിൽക്കണത് അപ്പോ ഈ ഒരു അറിവെങ്കിലും നമ്മളുടെ ഉള്ളിൽ ഉണ്ടായാൽ പലതും ആഗ്രഹമൊക്കെ തോന്നും തോന്നിയിട്ട് പോട്ടെ ഇതിനൊന്നും വേണ്ടിയിട്ട് മെനക്കെടാനോ ജീവിതം കളയാനോന്നും ഞാനില്ല എന്തെങ്കിലുമൊക്കെ നടന്നാ നടക്കട്ടെ ഇല്ലെങ്കിൽ വേണ്ട അത്ര തന്നെ ഒരു കോമൺ സെൻസ് ഏറ്റവും കോമൺ അല്ലാത്തതാണത് ഈ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ സാധാരണ ആളുകൾക്ക് ഉണ്ടാവേണ്ടതാണത് അതുണ്ടെങ്കിൽ മതി നമുക്ക് വലുത് വേറെ ഒന്നും വേണ്ട അത്രയൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് ചിലതൊക്കെ നടന്ന നല്ലത് നടന്നില്ലെങ്കിൽ വേണ്ട അത്രയും ആ നിരാശി ആവശ്യത്തിലധികം വസ്തുക്കളെ ശേഖരിച്ചു വെക്കണില്ലേ അപരിഗ്രഹ ഇത്രയും ആയാൽ ഇത്രയും ഒക്കെ പ്രിപ്പറേഷൻ ഒരു വശത്ത് നടത്തിക്കൊണ്ട് തന്നെ വേറെയൊരു വശത്ത് ധ്യാനിക്കാൻ തുടങ്ങുക അല്ലാതെ ഈ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ധ്യാനിക്കുക എന്നുള്ളതും നടക്കില്ല അതുകൊണ്ട് ഒരു വശത്ത് ഈ പ്രിപ്പറേഷൻ ഒക്കെ നടക്കട്ടെ വേറെ ഒരു വശത്ത് എന്തു ചെയ്യണം അതാണ് ഭഗവാൻ പറയുന്നത് ഉപാസന കാണിച്ചു തരെയാണ് ഭഗവാൻ ശുചൌ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനുനീചം ശൈലാജിനോത്തരം ശുചൌ ശുദ്ധേ ദേശേ പ്രതിഷ്ഠാപ്യം ഇതിനു മുമ്പ് രഹസ്യ സ്ഥിത എന്നുള്ളതിന് ശ്രീശങ്കര ഭാഷ്യം നോക്കിയാൽ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടി പോകും എന്താണെന്ന് വെച്ചാൽ രഹസ്യസ്ഥിതൻ ഏകാകി സൻ എന്ന് പറഞ്ഞപ്പോ ഏകാകി ആയിട്ട് എന്ന് പറഞ്ഞാൽ സന്യാസം കൃത്വ ഇത്യർത്ഥ എന്നാണ് സന്യാസം എടുത്തിട്ട് എന്നാണ് അർത്ഥമാണ് സന്യാസം എടുത്തിട്ട് ധ്യാനിക്കാനിരിക്കുകയാണ് ഏകാകി സന്യാസം കൃത്വ യഥചിത്ത ആത്മാച്ചാൽ സന്യാസിയുടെ ആ ഭാവം ഉള്ളിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ ധ്യാനം സിദ്ധിക്കും സന്യാസം എന്ന് പറഞ്ഞാൽ വൈരാഗ്യം എന്നർത്ഥം വൈരാഗ്യത്തോടു കൂടെ ഏകാന്തത്തിലിരുന്ന് എങ്ങനെയുള്ള സ്ഥലത്തിരിക്കണം ശുചൌ ദേശേ പ്രതിഷ്ഠാപ്യം ശുചിയായ സ്ഥലം എന്നുവച്ചാൽ ദേശേ വിവിക്തേ ദേശേ പ്രതിഷ്ഠാപ്യം നല്ല ശുദ്ധമായ സ്ഥലം ക്ലീൻ ആയിട്ടിരിക്കുന്ന സ്ഥലം എന്ന് അർത്ഥം പറയാൻ പാടില്ല ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയാൽ ഒക്കെ ക്ലീൻ ആയിട്ടിരിക്കും അവിടെ ധ്യാനിക്കാൻ പറ്റുമോ ഇന്ന് നമ്മളുടെ പല സ്വാമിയാർമാരും ഒക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് താമസിക്കുന്നത് അവിടെ ധ്യാനിക്കാൻ പറ്റുമോ അവിടെ പോയാൽ അവിടുത്തെ സാന്നിധ്യം ധ്യാനത്തിന് അനുകൂലമാണോ തീർഥീകൃത്തെ പ്രതിഷ്ഠാപ്യ ശുചൌ ദേശെ എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്തിൽ മഹാപുരുഷ സമ്പർക്കം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ശുദ്ധമായ ഭക്തിസാധനകളോ ജ്ഞാനസാധനകളോ ചെയ്യപ്പെട്ടിട്ടുണ്ടോ അത്തരം സ്ഥലങ്ങൾ വളരെ വളരെ നമുക്ക് ധ്യാനത്തിന് അനുകൂലമായിരിക്കും നമ്മൾക്ക് അറിയുമോ ഓരോ സ്ഥലം നമ്മൾ മനോമണ്ഡലത്തിലിരിക്കുമ്പോൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കില്ല നല്ല പവിത്രമായ സ്ഥലങ്ങളിൽ ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് പോലും ധ്യാനിക്കണം ചിലത് പുറമേക്കൊക്കെ നല്ല ക്ലീൻ ആയിട്ട് ഇരുന്നാലും വളരെ പക്വമായ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ സ്ഥലം ശരിയില്ല മനസ്സിലാവും ഈ സ്ഥലം ധ്യാനയോഗ്യമല്ല തപസന യോഗ്യമല്ല എന്നൊക്കെ മനസ്സിലാവും അപ്പൊ ശുചൌദേശ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തെത്തുമ്പോൾ തന്നെ നമുക്ക് കുറേയൊക്കെ നമ്മളുടെ മനസ്സ് അന്തർമുഖമാവാൻ അനുകൂലമായ സാഹചര്യം ഉണ്ടെങ്കിൽ നല്ലത് അതിനാണ് ഒരമ്പലമോ എല്ലാ സ്ഥലത്തും ഒരു അമ്പലമൊക്കെ വേണം പറയാൻ കാരണം എന്താ അവിടെ അറ്റ്ലീസ്റ്റ് ലൗകിക വ്യവഹാരങ്ങൾ കുറയുമല്ലോ എന്ന് ഉറങ്ങി വിചാരിച്ചിട്ടാണ് അപ്പൊ അത്തരം സ്ഥലങ്ങളില് താമസാക്കിയിട്ട് അതുകൊണ്ടാണ് ഭാഗവതത്തിൽ ധ്രുവനെ യദുവനത്തിൽ ചെന്ന് ധ്യാനിക്കൂ എന്ന് പറയുന്നത് നാരദമഹർഷി യദുവനത്തിൽ ചെന്ന് മധുവനത്തിൽ ചെന്ന് ധ്യാനിക്കൂ മധുവനത്തിൽ വൃന്ദാവനത്തിൽ മധുവനത്തിൽ ചെന്ന് ധ്യാനിക്കൂ പല സ്ഥലങ്ങളും കൽപ്പിച്ചു കൊടുക്കുന്നു ഈ സ്ഥലത്തിൽ ചെന്ന് ധ്യാനിക്കൂ ഉദ്ധവരുടെ അടുത്ത് ഭഗവാൻ ഭദ്രികാശ്രമത്തിൽ ചെന്ന് തീരത്തിൽ ഇരുന്ന് ധ്യാനിക്കൂ നമ്മളങ്ങനെ തീർത്ഥക്ഷേത്രങ്ങളിലേക്കൊക്കെ പോണമെന്നില്ല നമ്മൾ എവിടെങ്കിലും ഒരു ഏകാന്തവും ശുചവും ശുദ്ധവുമായ ഒരു സ്ഥലം കൽപ്പിക്കാം ഇതൊക്കെ യോഗ സാധനയ്ക്കാണോ പറയുന്നത് കേട്ടോ ആർക്കാണോ അല്പം ഉള്ളിൽ അനുഭൂതി ഉണ്ടായത് അവർക്ക് ഇതൊന്നും പ്രശ്നമല്ല എവിടെയാണെങ്കിലിരിക്കാം ഇനിയിപ്പോ ചിലപ്പോ ബസ്സിൽ പോകുമ്പോൾ ട്രെയിനിൽ പോകുമ്പോഴൊക്കെ ധ്യാനം വരും അതും നല്ലതാ ചിലരൊക്കെ പറയണ്ട ട്രെയിനിൽ പോകുമ്പോ ബസ്സിൽ പോകുമ്പോഴൊക്കെ ധാരാളം ജപം ചെയ്യാൻ പറ്റണ്ടെന്ന് അതൊക്കെ കണ്ടുപിടിച്ചോളൂ ഇതൊക്കെ നമ്മള് അജ്ഞാനം കൊണ്ട് അയ്യോ ബസ്സിൽ പോകുമ്പോൾ ജപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബസ്സിൽ പോകുമ്പോൾ ഉറങ്ങാനേ പാടുള്ളൂ അങ്ങനെയാണ് ഒരാചാരം എന്ന് വിചാരിക്കരുത് മുമ്പിൽ ഇരിക്കുന്ന കമ്പിയിലൊക്കെ കുറെ മുട്ടി അടുത്തിരിക്കുന്ന ആളുടെ മേത്തൊക്കെ വീണ് ഒരാൾ വീണ് വീണു ഒരിക്കും മതിയായിട്ട് ഞാൻ എഴുന്നേറ്റ് നിന്നു അയാൾ ചോട്ടിലും വീഴും കുറെ നേരം മേലെ വീണു ധ്യാനിക്കുന്നതിന് മുമ്പ് കുറെ മുമ്പ് കുറേ നേരമായിട്ട് ഇങ്ങനെ മേത്ത് വീണുകൊണ്ടേയിരിക്കണു കുറച്ചുനേരം പറഞ്ഞു ഇതിപ്പോ ഈ ആട്ടുകെല്ലാടുന്ന പോലെ ഇങ്ങനെ അങ്ങടേക്ക് ഇട്ടാ അങ്ങോട്ട് വീഴും ഇങ്ങോട്ട് വിട്ടാ അങ്ങോട്ട് വഴു രണ്ടു മൂന്ന് പ്രാവശ്യം മുമ്പിലിരിക്കണ കമ്പിയിലും ഇതിലൊക്കെ വിട്ടു അയാൾ വീണു വീണിട്ട് പിന്നെ ജാഡ്യതയോടുകൂടെ എഴുന്നേറ്റിരുന്നു ഞാൻ അടുത്ത സീറ്റിലേക്ക് പോയിരുന്നു എന്റെ അടുത്ത് വേറെ ഒരാള് വന്നിരുന്നു അയാള് കുറെ നേരം കഴിഞ്ഞപ്പോ ഇയാളിങ്ങനെ വീണ് വീണ് വീണ് അവസാനം അയാൾ എന്ത് ഈ ഉറങ്ങണ ആളുടെ തോളിൽ ഒരു തുണിയുണ്ട് അതെടുത്തിട്ട് ഇയാളുടെ തലയോട് ചേർത്ത് അങ്ങടയ്ക്ക് അങ്ങോട്ട് കെട്ടി എന്നിട്ട് എഴുന്നേറ്റില്ല പാവം എത്ര ദിവസം ഉറങ്ങാതെ ഉറങ്ങാനോ അറിയില്ല എന്നിട്ട് എഴുന്നേറ്റില്ല അപ്പൊ ബസ്സിലിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊരു ആചാരം ആണെന്ന് ചിലര് ധരിച്ചു വെച്ചില്ല ചിലപ്പോ ബസ്സിലിരിക്കുമ്പോ ട്രെയിനിലിരിക്കുമ്പോ അപ്പോഴാണ് ധ്യാനിക്കാനൊക്കെ വരണതെന്ന് വെച്ചാൽ ധാരാളം നടക്കട്ടെ ധ്യാനമാണ് മുഖ്യം എവിടെ വെച്ച് വരണോ അവിടെ ആവട്ടെ ഏത് സ്ഥലത്ത് വെച്ചാണോ വരണത് അവിടെ ാണ് മുഖ്യം പക്ഷേ അതിന് ആദ്യത്തെ പടി അഭ്യാസം ചെയ്യുമ്പോഴാണ് പറഞ്ഞത് ശുചൗദേശയെ പ്രതിഷ്ഠാപ്യം സ്ഥിരം ആസനം ആത്മന ആസനം അങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ആസനം ആവരുത് എന്നാണ് സ്ഥിരം ആട്ടുകെട്ടിലിരുന്ന് ധ്യാനിക്കാൻ പുറപ്പെടരുത് ധ്യാനം നല്ലവണ്ണം യോഗസ്ഥിതിയിലെത്തുമ്പോൾ കമിഴ്ന്നടിച്ച് ചുവട്ടൽ വീണു എന്ന് വരും അതുകൊണ്ട് സ്ഥിരമാസനം ഇതൊക്കെ ഭഗവാൻ ജനറൽ റൂൾ പറഞ്ഞതാണ് സ്ഥിരം ആസനം ആത്മനാത്യുച്ചിരിതം എത്രയും ഉയരത്തിൽ ധ്യാനിക്കാൻ പാടില്ല സൂക്ഷിക്കണം നാതി വളരെ ചുവട്ടൽ കുഴികുഴിച്ചിട്ടിരിക്കണ്ട ഇതൊക്കെ ജനറലായ യോഗ നിയമങ്ങളാണ് ഇതൊക്കെ എക്സെപ്ഷൻസ് ഉണ്ടാവും നമുക്ക് ധ്യാനമാണ് മുഖ്യം എന്ന് അറിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഏകദേശമാണ് നാത്യുഛരിതം നാതി നീചം ചൈലാജിനുശോത്തരം ചൈലം അജിനം കുശം ദർഭോ ഈ മൂന്നെണ്ണംതോല് ദർഭ വിരിച്ച് അതിൻ്റെ മേലെ മാനതോല് വിരിച്ച് അതിന്റെ മേലെ തുണി ചൈല അജിനുശോത്തരം വിപരീതമായിട്ടാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് കുശം വെച്ച് അതിൻ്റെ മേലെ അജിനം വെച്ച് അതിൻ്റെ മേലെ ചേല അങ്ങനെ വെച്ച് ഇപ്പോ ഇതൊക്കെ പഴയ കാലത്തെ സമ്പ്രദായമായിരുന്നു ഇപ്പൊ നിങ്ങൾ മാനന്തോല് എവിടുന്നെങ്കിലൊക്കെ കൊണ്ടുവരാൻ പോയാൽ നിങ്ങളെ പിടിച്ച ഉള്ളിലിടണം മാനന്തോലും പുലിത്തോലൊന്നും വേണ്ട ആളുകൾ പലരും ചോദിക്കണ്ട എന്തുകൊണ്ടാണ് ഈ മാനന്തോല് പുലിത്തോലൊക്കെ ഋഷികൾ ധ്യാനിക്കാൻ ഉപയോഗിക്കണത് എന്തെങ്കിലുമൊക്കെ തണുപ്പ് തട്ടാതിരിക്കാൻ ചോട്ടല് വിരിക്കണം ഋഷികൾ കാട്ടിലാണ് താമസിച്ചത് കാട്ടിൽ എളുപ്പത്തിൽ കിട്ടുന്നതാണ് മരത്തോലും മാന്തോലും പുലിത്തോലും അവർക്ക് പലരും ചോദിക്കുന്നു ഹിംസിച്ചിട്ട് ഇത് ഈ മൃഗങ്ങളെയൊക്കെ എടുക്കണം ഹിംസിച്ചെടുക്കില്ല ഹിംസിച്ചിട്ട് എടുക്കുന്നത് ധ്യാനിക്കാൻ ഉപയോഗിക്കില്ല കാട്ടില് ധാരാളം മരങ്ങളുള്ളപ്പോ പഴങ്ങൾ വീണ് കിടക്കുന്ന പോലെ തന്നെ ചത്തുപോയ മാനും പുലിയും ഒക്കെ അവിടെ അവിടെ ധാരാളം മൃഗങ്ങളുടെ കൂടെ സഹവസിക്കുന്നവര് അതൊന്നും കൊന്നിട്ട് എടുത്ത് ഉപയോഗിക്കില്ല വേട്ട ചെയ്തിട്ട് പിടിച്ച മാനിന്റെയോ പുലിയുടെയോ തോലല്ല ഉപയോഗിക്കണത് അവിടെ സഹജമായി ഒന്നിൽ പുലി എരപിടിച്ചു മാനായിരിക്കും അല്ലെങ്കിൽ ചത്തുപോയ മാനായിരിക്കും അല്ലെങ്കിൽ ചത്തുപോയ പുലിയായിരിക്കും അതൊക്കെ കാട്ടിൽ അവിടെ കിടക്കണുണ്ടാവും ഋഷികൾക്ക് പുതപ്പും കമ്പിളിയും ഒക്കെ അവർക്കും തണുക്കില്ലേ അവർക്കും തണുപ്പും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവല്ലേ അപ്പോ അവര് കിട്ടണത് എതിർച്ചയാ കിട്ടണത് എന്താ ഒന്നിൽ പുലിത്തോലോ മാനന്തോലോ ഒക്കെ നല്ല കമ്പിളി പോലെ ഉണ്ടാവും അല്ലെങ്കിൽ അതൊക്കെ എടുത്ത് നല്ലവണ്ണം ക്ലീൻ ചെയ്ത അതായി അല്ലെങ്കിലും മരം ചില മരത്തിൻ്റെ തോല് മരവുരി അത് എടുക്കും ഇതൊക്കെ ആസനമായിട്ട് പക്ഷെ മരവുരിയിൽ ഇരിക്കണത് വിഷമാണ് അതുകൊണ്ട് ദർഭയും ദർഭയിൽ ഇരുന്നാൽ കുത്തും അപ്പൊ ദർഭയുടെ മേലെ മാൻതോല് വരിച്ച് അതിൻ്റെ മേലെ ഇതിനൊക്കെ ചില ഇഫക്റ്റൊക്കെ ഉണ്ടെന്നൊക്കെ ചിലർ പറയണു അതൊന്നും അറിയില്ല അതിന്റെ മേലെ കഴിഞ്ഞാൽ പ്രത്യേക ചില ഇഫക്റ്റ് ഉണ്ടാവും നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളുടെ ഊർജ്ജം ചുവട്ടിലേക്ക് പോകും അതൊന്നും പോവാതെ ഇതൊക്കെ സംരക്ഷണം ചെയ്യും എന്നൊക്കെ പറയണു അതൊക്കെ ഏകദേശീയമാണ് അതൊക്കെ നമുക്ക് തന്നെ കാണാം വെറും നിലത്തിൽ കിടന്നാൽ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം ടൈൽസ് മൊസേക്ക് ഒക്കെ ഇട്ട നിലത്തിൽ വെറുതെ കിടന്നാൽ പരീക്ഷിച്ചു നോക്കുക അധികമായിട്ടും കുറേ നേരം കഴിയുമ്പോൾ വല്ലാത്ത ക്ഷീണം തോന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല നല്ല വേനൽക്കാലത്ത് നിലത്ത് കിടക്കുമ്പോൾ നല്ല സുഖം ഉണ്ടാവും പക്ഷെ കിടന്നീണെന്ന് തോന്നും എന്താന്ന് വെച്ചാൽ നിലം പ്രകൃതിയാ തന്നെ നമ്മളുടെ ഊർജത്തിനെയും മറ്റു പലതിനെയും കുറെ വലിക്കും അത് സ്വഭാവമാണ് അതുകൊണ്ടാണോ പായ വിരിച്ചു കിടക്കുവോ എന്തെങ്കിലുമൊക്കെ വിരിച്ചു കിടക്കൂന്ന് പറയുന്നത് പലകയോ വലുതൊക്കെ വെച്ചത് അപ്പൊ അങ്ങനെ ഒരു ശാസ്ത്രം അതിന് പുറകെ ഉണ്ടാവാം പക്ഷേ പലരും ധ്യാനിക്കുന്നവർ നല്ല ധ്യാനസിദ്ധന്മാരായിട്ടുള്ളവര് ഇങ്ങനെ ആസനം ഒന്നും അന്വേഷിച്ച് നടക്കാറില്ല എവിടെയാ കിട്ടിയെന്ന് വെച്ചാൽ അവിടെയ്ക്കും അവരിങ്ങനെ ഇപ്പൊ സീറ്റൊക്കെ പൊക്കി പിടിച്ച് നടക്കണവര് ചില ആളുകൾ അതുണ്ട് പല സീറ്റൊക്കെ പൊക്കി പിടിച്ച് നടക്കും അവർക്കിപ്പോ ധ്യാനിക്കണം എന്നൊന്നുമില്ല ചിലർക്ക് അതൊക്കെ സീറ്റൊക്കെ വേണ്ടി വരും എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇടുപ്പ് വേദന ഉണ്ട് അതിനൊരു സീറ്റ് സൗകര്യമായിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആവുമ്പോ ധ്യാനിക്കാൻ സീറ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നൊന്നുമില്ല എങ്കിലും ജനറൽ ആയിട്ട് ഒരു നിയമം പറയുമ്പോൾ ഭഗവാൻ പറഞ്ഞു ശുദ്ധമായ സ്ഥലത്ത് ആസനം വരിച്ച് അവിടെ ഇരുന്ന് തത്ര ഏകാഗ്രം മനഃകൃത്വം അവിടെ ഇരുന്നിട്ട് മനസ്സിനെ ഏകാഗ്രമാക്കി യഥ ചിത്ത ഇന്ദ്രിയക്രിയാഹ പ്രാണന്റെയും നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നിശ്ചലമായി കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ അനേക ശക്തിസ്പന്ദനങ്ങളും പ്രവാഹങ്ങളും ഒക്കെ നമുക്ക് കാണാം അതിനെയൊക്കെ പതുക്കെ പതുക്കെ സ്വാംശീകരിച്ച് തത്ര ഏകാഗ്രം മനഃ കൃത്വ യഥ ചിത്തേന്ദ്രിയ ഉപവിശ്യ ആസനെ യുഞ്ച്യ ചിത്ത ഇന്ദ്രിയക്രിയ കർമ്മങ്ങൾ ചേഷ്ടിക്കാതെ ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കി ചിത്തത്തിനെ ഏകാഗ്രപ്പെടുത്തി യോഗമാത്മവിശുദ്ധയെ യോഗത്തിന് തയ്യാറാവുക എന്തിനാ ആത്മവിശുദ്ധിക്ക് ആത്മവിശുദ്ധി എന്ന് വെച്ചാൽ ആത്മാനുഭവം തെളിഞ്ഞു കിട്ടാനായിട്ടുള്ള ധ്യാനത്തിന് തയ്യാറെടുക്കുമെന്ന് ഇത്രയും ആയി കഴിയുമ്പോൾ പതുക്കെ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങാണ് ഇത്രയും ശരീരം നിശ്ചലമായി ഒരിടത്ത് ചലിക്കാതെ ഇരുന്നു സുഖാസനത്തിലിരുന്നു കാലും കൈയ്യൊന്നും വേദനിക്കാതെ എങ്ങനെ ഇരുന്നാൽ ഇരിക്കാമോ അങ്ങനെ ഇരു ഇരുന്നിട്ട് യുജിയാദ് യോഗം ആത്മവിശുദ്ധി ആത്മവിശുദ്ധയെ അങ്ങനെ യോഗം ചെയ്യാം